ദൈവനാമത്തിൻ്റെ മഹത്വം ഈ വെള്ളിയാഴ്ചയും നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ അവരവരായിരിക്കുന്ന ഭവനങ്ങളിലാണെങ്കിലും ഒന്നിച്ച് ഏകാത്മാവിലായിരിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ദാവീതിൻ്റെ വളരെ പരിചിതമായ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യമാണ് പ്രാരംഭമായിട്ട് വായിച്ചത് കൂരൂരൽ താഴൊരു കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല കുരുൾ താഴ്വര എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് മരണത്തിൻ്റെ നിഴല് വീണ താഴ്വര എന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നതുപോലെ ലോകം മുഴുവൻ ഇന്ന് മരണത്തിൻ്റെ ഇരുൾ വീണ ആ ഒരു താഴ്വരയിലൂടെ കടന്നു അങ്ങനെയുള്ള സമയത്ത് ഇതാ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയും ഇതേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യവും ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല നമ്മൾ കോരളിൻ്റെ താഴ്വരയിലൂടെയാണ് മരണനിരലിൻ്റെ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്ന തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലെ പത്താമത്തെ വാക്യത്തോട് ചേർത്ത് നമ്മളീ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയും എന്നിട്ട് താഴ്വരയെക്കുറിച്ച് ആഘോ താഴ്വരയെക്കുറിച്ച് ഹോഷിയായുടെ പുസ്തകത്തിൽ നിന്ന് വിശദമായിട്ട് നോക്കുകയുമാണ് ചെയ്തത് കഴിഞ്ഞയാഴ്ച നമ്മൾ ആഘോർ താഴ്വരയെ പ്രത്യാശിയുടെ വാതിലായി ദൈവം തുറന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു ഈ ആഴ്ച നമുക്ക് ബാഹാ താഴ്വരെക്കുറിച്ച് ചിന്തിക്കാം എൺപത്തി നാലാമത്തെ സങ്കീർത്തനത്തിലാണ് ബാഹാ താഴ്വരയെക്കുറിച്ച് വായിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ ആ വാക്യം എൺപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യം കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു ഈ വാക്യം നമ്മൾ കണ്ണുനീർ താഴ്വര എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാസിങ് ത്രൂ ദ വാലി ഓഫ് ബാക്കേക്ക് ഇറ്റ് എ സ്പ്രിങ് The early rain also covers it with the blessing. That's why I am reading English in English. In Malayana, we have a number of people who are living in Malayana. That's how we call it in English. So, why are we living in, the in so, Malayana? Why are we living in Malayana? We are living in Malayana in Malayana. പലസ്തീൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല ചിന്തകൾ അതിൽ നിന്ന് ദൈവാനുരൂപമായിട്ട് നമുക്ക് ലഭിക്കും നമുക്ക് നോക്കാം ഈ ബാഖാ താഴ്വര എന്ന് പറയുന്ന ആ താഴ്വര അതിനെക്കുറിച്ച് ബൈബിളിൽ ആദ്യം കാണുന്ന ഒരു ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ബാഖാ താഴ്വരയെക്കുറിച്ച് ആദ്യം ദൈവോജനത്തിലെ കാണുന്നത് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ചെല്ലുമ്പോൾ അത് കനാൻ നാട്ടിലെ ഇസ്രായേൽ മക്കൾ വന്നു അവർക്ക് ദേശമൊക്കെ വിഭജിച്ചു കൊടുത്തു ഓരോ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങൾ അവർ കീഴടക്കി ആ ദേശത്തിലെ നിവാസികളുടെ ബലിപീഠങ്ങൾ ഇടിച്ച് കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവിടം അവരെ ഇസ്രായേൽ മക്കൾക്ക് ഓരോ ഗോത്രങ്ങളും ആ ഭാഗങ്ങൾ അവരുടെ കൈവശമാക്കുക സ്വന്തമാക്കി തീർക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ന്യായാധിപന്മാരുടെയും യോശോയുടെയും പുസ്തകങ്ങളിൽ ദൈവം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇവിടെ ഇതാ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു അനന്തരം യഹോയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്നു പറഞ്ഞു ബോഖീം എന്ന് പറയുന്ന അവിടേക്ക് വന്നിട്ട് ഒരു ഇഹോയുടെ ഒരു ദൂതൻ പറയുകയാണ് എന്താ ദൂതൻ പറയുന്നത് ഞാൻ നിങ്ങളെ മിശ്രേലിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കയില്ല എന്നും ഒക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെന്തു വേണം നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ച് കളയണമെന്നായിരുന്നു എൻ്റെ ഒരേ ഒരു കല്പന എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്ത് അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇനിയും നീക്കിക്കളയയില്ല അവരുടെ ദേവന്മാർ നിങ്ങൾക്കൊരു കെണിയായിട്ട് എന്നുമായിരിക്കും എന്ന് പറഞ്ഞ് അവരെ നിങ്ങളുടെ വിലാപ്പുറത്തൊരു മുള്ളായിരിക്കും അവരുടെ വിഗ്രഹങ്ങൾ നിങ്ങൾക്കെന്നും ഒരു കെണിയായിരിക്കും എന്നാണ് യഹോയുടെ ദൂതൻ പറഞ്ഞത് യഹോയുടെ ദൂതൻ എന്നിവിടെ പറയുന്നത് നമ്മൾ പഴയ നിയമത്തിലെ യഹോയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഫലഭാഗങ്ങളോട് ചേർത്ത് ഈ ഭാഗത്തെയും വേദപണ്ഡിതന്മാർ പറയുമ്പോൾ ഇതൊരു ദൂതനല്ല ഈ ഹോവ തന്നെയാണ് ദൈവം തന്നെയാണ് അവരോട് വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് അവിടെ എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചിവിടെ കൊണ്ടു വന്നു സംഗതി ശരിയാണ് പക്ഷേ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരു കെണിയായിട്ടിരിക്കും ഈ ദേശനിവാസികൾ നിങ്ങളുടെ വിലാപ്പുറത്ത് ഒരു മുള്ളായിട്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരെയും യെഹോയുടെ ദൂതൻ്റെ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിന് ബോഗീം കരയുന്നവർ എന്ന് പേരിട്ടു അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു പ്രിയപ്പെട്ടവർ നമ്മൾ ഇത് കാണുന്നത് യറിസിലേമിൽ നിന്നും ഹെബ്രോനിലേക്കുള്ള ആ യാത്രയിൽ ആ വഴിയിലുള്ള ഒരു താഴ്വരയാണ് ഇവിടെ പറയുന്ന ബോഖിം എന്ന് പറയുന്ന താഴ്വര ആ ബോഗീം എന്ന് പറയുന്ന താഴ്വരയുടെ പ്രത്യേകത അവിടെ ധാരാളം ബാഹാ മരങ്ങൾ ബാഹാവൃക്ഷങ്ങൾ ബാഹാവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മൾബറി മൾബറി എന്ന് പറയുന്ന ചെടികളും മൾബറി വൃക്ഷങ്ങളും ധാരാളമായിട്ടുള്ള ഒരു താഴ്വരയായിരുന്നു ഈ എരിസിലേമിനും ഹെബ്രോനും ഇടയ്ക്കുള്ള ഈ താഴ്വരയിലെ ബോഹിയും താഴ്വരയിലെ പ്രത്യേകത അതുകൊണ്ട് ബോഗിയും മൾബറി ആ ധാരാളമുള്ള ആ താഴ്വരയ്ക്ക് ബോഹീൻ താഴ്വര എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഈ സംഭവത്തോടെ ന്യായാധീപന്മാരുടെ പുസ്തകം രണ്ടാമധ്യായത്തിലെ ഈ സംഭവത്തോടെ ആ ബോഹീൻ താഴ്വരയ്ക്ക് ബാഖാ താഴ്വര അത് കണ്ണുനീർ താഴ്വര എന്ന് പേരായി അവർ അനുതാപത്തോടെ ഇസ്രായേൽ മക്കൾ കരഞ്ഞു എന്നാണ് നമ്മളവിടെ കാണുന്നത് നോക്കുക ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം അവരോട് നേർക്കു നേരെ അവരെ അവരുടെ തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് കരഞ്ഞു അനുദപിച്ച് കരഞ്ഞു അവർ ഉച്ചത്തിൽ നിലവിളിച്ചു അവർ കരയുന്ന ആ സ്ഥലത്തിന് അങ്ങനെയാണ് ബാഖാ താഴ്വര കണ്ണുനീർ താഴ്വര എന്നുള്ള പേര് വന്നത് എന്നാണ് നമ്മൾ കാണുന്നത് ഇതാണ് നമ്മൾ ഈ ബാഖാ താഴ്വരയെക്കുറിച്ച് ആദ്യം കാണുന്ന ഒരു ഭാഗം അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്താ ഈ ബാഖാ താഴ്വരയുടെ യഥാർത്ഥ പേര് ബോഗീം താഴ്വര എന്നായിരുന്നു അത് എസ്ലേം ഹെബ്രോൻ വഴിയിൽ ഉള്ള ഒരു താഴ്വരയായിരുന്നു ആ താഴ്വരയിൽ ദൈവം അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അനിതാപത്തോടെ ഉറക്ക കരഞ്ഞു അതുകൊണ്ട് ആ താഴ്വരയ്ക്ക് കണ്ണുനീർ താഴ്വര എന്ന് പേര് വന്നു സത്യത്തിലെ ബോഗിയും താഴ്വരയെ ആ നിലയിൽ പേര് വരാനായിട്ട് കാര്യം അവിടെയുള്ള മൾബറിവൃക്ഷങ്ങളാണ് ഇതെല്ലാമാണ് നമ്മൾ ഇത്രയും നേരം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാൻ കഴിയും നമുക്ക് എവിടെയെങ്കിലും തെറ്റുകൾ പറ്റാൻ പറ്റാം ഇസ്രായേലിന് തെറ്റ് പറ്റി നമുക്കും തെറ്റുകൾ പറ്റാം പക്ഷേ തെറ്റിൽ പശ്ചാത്താപത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ കരയുമ്പോൾ അത് അതിന് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് അതിനെ കണ്ണുനീർ താഴ്വര എന്ന ആ ആ താഴ്വരയ്ക്ക് അങ്ങനെ ആദ്യം പേർ വന്നത് അങ്ങനെയാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടെ കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അപ്പോൾ അനുതാപത്തിൻ്റെ ആ താഴ്വര ഭാവിയിൽ അനുഗ്രഹത്തിൻ്റെ ഒരു താഴ്വരയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ബാക്കായെ സംബന്ധിച്ച് വേറൊരു സംഭവം കൂടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് രണ്ടാമതുണ്ടായ മറ്റൊരു സംഭവം കൂടെ കാണാൻ കഴിയും അത് രണ്ട് ശമിയിൽ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് രണ്ട് ചമുകൾ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ ഫെലിസ്തീന് ധാരാളം ദാവീദിൻ്റെ കാലത്ത് ദാവീതുമായി യുദ്ധം ചെയ്യാനായിട്ടവിടെ വന്നു പക്ഷേ ദൈവം ദാവീദിനോട് പറഞ്ഞു നീ ബാഖ അതായത് മൾബറി ചെടിയുടെ ആ നിലയിലുള്ള ഭാഗത്തോടെ ഞാൻ നടക്കും അത് കണ്ട് പേടിച്ച് ഫെലിസ്തീനെ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞു ഇതാണ് രണ്ടാമത് ഈ ബോഖീൻ താഴ്വരയിൽ അല്ലെ ബാഖ താഴ്വരയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം നോക്കുക ഫെലിസ്തീനെ തോൽപ്പിച്ച ഒരു താഴ്വരയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രണ്ടാമതവിടെ നടന്ന സംഭവം ഫലിസ്തീനെ ഈ നിലയിൽ തോൽപ്പിച്ച സംഭവമാണ് തോൽപ്പിക്കാൻ ഇസ്രായേൽ മക്കളൊന്നും ചെയ്തില്ല ദൈവം തന്നെ ആ മൾബർ നടക്കുന്ന ശബ്ദം കേട്ടു അവർ പേടിച്ച് അന്യോന്യം സംഹരിച്ച് തോറ്റുപോയി ഇതാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ബാഖ താഴ്വരയെക്കുറിച്ച് ബൈബിളിലെ ചരിത്രപരമായ പല കാര്യങ്ങളെ പറയുകയായിരുന്നു ഒന്നാമത് അവർ അവിടെ തങ്ങളുടെ തെറ്റുകൾ ഓർത്ത് അനുദപിച്ച് കരഞ്ഞ താഴ്വരയാണ് ന്യായാധിപന്മാരുടെ പുസ്തകൻ രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചു രണ്ടാമത് ബാഖ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലസ്തീൻ്റെ ചരിത്രത്തിൽ രണ്ടാമത് വരുന്നത് ദാവീദിൻ്റെ കാലത്താണ് അപ്പോൾ ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞ് പിന്നെ രാജാക്കന്മാരുടെ കാലം തുടങ്ങി ദാവീദിൻ്റെ കാലത്തെത്തിയപ്പോൾ ഫെലിസ്തീര് ഈ താഴ്വരയിൽ അവരെ ആക്രമിക്കാൻ വന്നു ഇതിൻ്റെ ഈ മറ്റൊരു വി വിവരണം ഒന്ന് ദിനവൃത്താന്തം പതിനാലാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ദൈവം അവിടെ ഫെലിസ്തീയരോട് യുദ്ധം ചെയ്യാൻ ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദിനോട് പറഞ്ഞു നീയായിട്ട് യുദ്ധം ചെയ്യേണ്ട ബാഹാവൃക്ഷങ്ങളുടെ ശിഖരങ്ങളിലൂടെ വലിയ നിലയിലുള്ള പടയാളികളും കുതിരകളും തേരുകളും ഓടുന്നത് ശബ്ദം ഞാൻ കേൾപ്പിക്കും നീ പിന്നിലൂടെ ചെന്ന് ആക്രമിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അവിടെ ആ ബോഹീൻ താഴ്വരയിൽ ഇതാ ഫലിസ്ഥരെ സംഹരിക്കുന്നു ആ സംഹരിക്കുന്നു അങ്ങനെ ആ കണ്ണുനീർ താഴ്വര അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ ഒരു താഴ്വരയായിത്തീരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് നോക്കുക ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ താഴ്വര തന്നെ പിന്നീട് മൂന്നാമത് ചരിത്രത്തിൽ മൂന്നാമത് ഒരു ഭാഗത്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ രാജാക്കന്മാരുടെ കാലം പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ് ദാവീദിൻ്റെ കാലം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇസ്രായേലെ വിഭജിക്ക ശലോമോൻ്റെ കാലത്ത് വിഭജിക്കപ്പെട്ടു വിഭജനമൊക്കെ കഴിഞ്ഞ് അവർ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇതാ എഹോഷാഫാത്തിൻ്റെ കാലത്ത് ഈ ബോഗിയും താഴ്വരയിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഈ ഭാഗം എഹോഷഫാത്തിൻ്റെ ഒരു വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ് രണ്ട് ദിനവൃത്താന്തർ നിങ്ങൾ ഇരുപതാം അധ്യായത്തിൽ എഹോഷഫാത്ത് തനിക്കെതിരെ വന്ന ശത്രുക്കളെ പാട്ടുപാടി തോൽപ്പിച്ച ഒരു ഭാഗം നമ്മളെ ചിന്തിച്ചു അതും എങ്ങനെയാണ് ഏഹോ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു രാജാവായിരുന്നു ആ ഏഹോ ശത്രുക്കൾ വന്നപ്പോൾ ദൈവം പറഞ്ഞു നീ എന്തു ചെയ്താൽ മതി നീ ഈ പടയിൽ പൊരുതണ്ട ആവശ്യം നിനക്ക് വരികയില്ല ദൈവം തന്നെ അതിനായിട്ട് യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു ഉടനെ ഏഹോ ഇസ്രായേൽ മക്കളും അവരെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തുടങ്ങി അങ്ങനെ അവർ പാട്ടുപാടിക്കൊണ്ട് ചെന്ന് ഈ ശത്രുക്കളെ തോൽപ്പിക്കുന്നതാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിൽ നമ്മളെ വായിക്കുന്നത് ഇങ്ങനെ അവരവിടെ ശത്രുക്കളെ തോൽപ്പിച്ചതിന് ശേഷം രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അദ്ധ്യായത്തിൽ എഹോഷഹഫാത്തും കൂട്ടരും ശത്രുക്കളെ ആ നിലയിൽ ഉന്മൂലനാശം ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം അത് അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം നമുക്ക് വായിക്കാം രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം നാലാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്ത്രോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാഖ താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു പ്രിയപ്പെട്ടവരെ വേദപണ്ഡിതന്മാരെ പറയുന്നത് അല്ലെങ്കിൽ ഫലസ്തീൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവരെ ഒന്നിച്ചുകൂടി യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവരുടെ ജയത്തിൽ സന്തോഷിച്ച് ആ സ്ഥലത്തിന് ബരാഖ താഴ്വര എന്ന് പേരിട്ട് അങ്ങനെ വന്നത് സത്യത്തിൽ നമ്മൾ നേരത്തെ കണ്ട ആ മോഹീൻ താഴ്വര തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ടോ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മളീ കണ്ണുനീർ താഴ്വര എന്ന് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ ബാഘാ താഴ്വരയെന്ന് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കണ്ട ആ താഴ്വരയ്ക്ക് മൂന്ന് ചരിത്രത്തിലെ മൂന്ന് രംഗങ്ങളോടുള്ള ബന്ധത്തിൽ പ്രസക്തിയുണ്ട് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് അവിടെ അവരെ അനുതപിച്ച് കരഞ്ഞു അതുകൊണ്ട് അതിൻ്റെ കണ്ണുനീർ താഴ്വര എന്ന പേരായി രണ്ടാമത് ദാവീദിൻ്റെ കാലത്ത് അവിടെയുള്ള ബാഹാവൃക്ഷങ്ങൾ മൾബറി വൃക്ഷങ്ങൾ അതിൻ്റെ ഒച്ച അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേരും കുതിരകളും പോകുന്ന ഒച്ച കേട്ട് ഫെലിസ്തീനെ വളരെ വേഗത്തിൽ തോൽപ്പിച്ചു അവർക്കൊരു ജയം നൽകി അതുകൊണ്ട് ആ സ്ഥലത്ത് അങ്ങനെ വീണ്ടും ആ ബാഹാവൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമുണ്ടായി അതാണ് രണ്ടാമത് സംഭവിച്ചത് മൂന്നാമത് ഇതേ താഴ്വരയിൽ ഈ താഴ്വരയ്ക്ക് ബോഹീൻ താഴ്വരയ്ക്ക് അല്ലെങ്കിൽ ബാഹാ താഴ്വരയ്ക്ക് പേര് തന്നെ മാറ്റിയിട്ട എന്ന് ഈ ബാഖാ താഴ്വരയ്ക്ക് അല്ലെങ്കിൽ ബോഹീൻ താഴ്വരയ്ക്ക് പേരു മാറ്റിയിട്ട ഒരു രംഗമാണ് എഹോഷഫാത്തിൻ്റെ കാലഘട്ടത്തിൽ കണ്ടത് നമ്മളിപ്പോഴാണ് ചിന്തിച്ചത് അതാണ് ആ ബാഖാ താഴ്വരയ്ക്ക് ബരാഖ എന്ന് പേരിടുമ്പോൾ ബരാഖ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എബ്രായ പദമാണത് അനുഗ്രഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കണ്ടോ അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഈ താഴ്വരയ്ക്ക് മൂന്ന് ചരിത്രപരമായ പ്രസക്തിയുണ്ട് ഒന്നു പറയുന്നത് അത് അനുതാപത്തോട് ബന്ധപ്പെട്ടതാണ് രണ്ട് എന്ന് പറയുന്നത് അത് ജയത്തോട് ബന്ധപ്പെട്ടതാണ് മൂന്നെന്ന് പറയുന്നതും ജയത്തോടും സംഗീതത്തോടും ദൈവത്തിനുള്ള സ്തുതി സ്ത്രോത്രങ്ങളോടും ബന്ധപ്പെട്ടതാണ് ജയത്തിൻ്റെ സന്തോഷം അങ്ങനെയുള്ള അനുഗ്രഹത്തുമായി ബന്ധപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഒരു താഴ്വരയായി അതായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ചിന്തിച്ചത് ഈ പലസ്തിൻ്റെ ചരിത്രത്തിലെ പല താഴ്വരകളുണ്ട് അതിൽ ഒരു താഴ്വര നമ്മൾ ഇന്ന് കണ്ട കണ്ണുനീർ താഴ്വര ബാഖാ താഴ്വര പല പ്രസക്തമാണ് അനുതാപത്തിൻ്റെ താഴ്വരയാണത് അനുതാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും താഴ്വരയെ ദൈവം എന്താക്കി തീർത്തു ജയത്തിൻ്റെ താഴ്വരയാക്കി തീർത്തു മാത്രമല്ല അത് സംഗീതത്തിൻ്റെ തീർത്തു അതിനെ അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി തീർത്തു നമ്മുടെ ജീവിതത്തിലും ഇന്ന് ലോകം കടന്നു പോകുന്ന ഈ മഹാമാരിയെക്കുറിച്ചുള്ള മരണനിഴൽ വീണ കണ്ണുനീരിതായ ആ താഴ്വരയാണ് അതിനെ ദൈവം എന്താക്കി തീർക്കും അവിടുന്ന് ജയത്തിൻ്റെയും ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെയും സ്തോത്രം ചെയ്യുന്നതിൻ്റെയും സന്തോഷത്തിൻ്റെതുമായ ഒരു താഴ്വരയാക്കി നമ്മുടെ ജീവിതത്തിൽ തീർക്കും പിൽക്കാലത്ത് നമുക്കതിനെ തിരിഞ്ഞു നോക്കി ആ നിലയിൽ ചിന്തിക്കാനായിട്ട് കഴിയും ഇവിടെ ഇതാ ഇവരുടെ ഈ താഴ്വര അങ്ങനെ ഒരു കണ്ണുനീർ താഴ്വരയില് സന്തോഷത്തിന്റെ പൂക്കൾ വിരിയുന്ന പോലെ ഉള്ള ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അനുതാപ കണ്ണുനീരിന്റെ താഴ്വരയായിരുന്നു പക്ഷെ അവിടെ ജയത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു നമ്മൾ അനുതാപത്തിനെ തുടർന്ന് സന്തോഷവും ജയവും ലഭിക്കുന്ന ഒരു രംഗം പുതിയ നിയമത്തിലെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുടിയൻ ഉപമയാണ് മുടിയൻപുത്രൻ എന്താ അവൻ തെറ്റു ചെയ്തു പക്ഷേ അവൻ അനുദപിച്ചു അനുദപിച്ചവന് അനുതപിച്ചതിനെ തുടർന്ന് അവൻ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നു പിതാവ് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് അവനെ ഭവനത്തില് കൈക്കൊള്ളുകയാണ് ചെയ്തത് അവനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു രംഗമാണത് അതായത് മുടിയൻ തെറ്റ് ചെയ്തു അവനോട് ഒരു വിധത്തിൽ വളരെ കർശനമായിട്ട് ഇടപെടേണ്ടതാണ് അതാണ് നീതി പക്ഷെ പിതാവിൻ്റെ സ്നേഹം അതിനെ കവിയുന്നതായതുകൊണ്ട് അവിടെ നീതിക്ക് പകരം സമാധാനം നൽകി നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ പിതാവ് മുടിയൻ ആലിംഗനം ചെയ്ത് ചുംബിച്ച് ഭവനത്തിലേക്ക് കൈക്കൊള്ളുകയാണ് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലാണ് നമ്മൾ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന വാക്യം കാണുന്നത് സത്യത്തിൽ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ച ഒരു സ്ഥലമാണ് ഗോൽഗോഥ കാൽവറി കാൽവറിയിലെ ദൈവീകനീതി നീതി ഉള്ളിടത്ത് വാസ്തവത്തിൽ സമാധാനമില്ല സമാധാനമുള്ളിടത്ത് വാസ്തവത്തിൽ നീതി എന്നാൽ കാൽവറി ക്രൂശിലാണ് നമ്മൾ ഇത് രണ്ടും ഒരേ സമന്വയിക്കുന്ന ഒരേ പോലെ ഒരു കാര്യം നമ്മൾ കാണുന്നത് അവിടെ ദൈവത്തിൻ്റെ നീതിയും നടപ്പായി പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ദൈവനീതി തൻ്റെ പുത്രനെ ബലി കൊടുത്തുകൊണ്ട് ആ നീതിയും നിവർത്തിയായി അതുപോലെ തന്നെ അവിടെ സമാധാനവും മനുഷ്യവർഗത്തിന് സമാധാനവും നൽകി നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ താഴ്വരെ അനുതാപത്തിൻ്റെ താഴ്വരെ ദൈവം നമുക്ക് ജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവമുമ്പാകെയുള്ള നന്ദിയുടെയും സ്തുതി സ്ത്രോത്രത്തിൻ്റെയും ബരാഖത്താഴ്വരയാക്കി മാറ്റിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ബാഘാത്താഴ്വരയെ ദൈവം ബരാഖാത്താഴ്വരയാക്കി മാറ്റി ഓ ഈ ബാഖാവൃക്ഷങ്ങൾ ധാരാളമുണ്ട് അതിന് അതിനെ ആ കണ്ണുനീരും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റി ദൈവം ഇതാ സ്തോത്രത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുതാപത്തിൻ്റെ താഴ്വരയെ ജയത്തിൻ്റെ താഴ്വരയാക്കി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആക്കി തീർത്തു ഇന്ന് ലോകം കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവം അത് ചെയ്യും നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ആ നിലയിലുള്ള താഴ്വരയെക്കുറിച്ച് കണ്ണുനീർ താഴ്വരയെക്കുറിച്ച് പറഞ്ഞു പോവുകയായിരുന്നല്ലോ ഇവിടെ നമുക്ക് ആ എൺപത്തിനാലാം ആറാം വാക്യത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചത് എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം കണ്ണുനീർ താഴ്വരയിൽ കൂടെ കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു നമ്മളിത്രയും നേരം ആ താഴ്വരയുടെ ചരിത്രപരമായ പല രംഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ് അതിൽ നിന്നാണ് നമ്മൾ ചില ചിന്തകൾ എടുത്തത് എന്നാൽ ഈ ആറാമത്തെ വാക്യത്തെ അതിൻ്റെ തൊട്ടു പുറകിലും മുമ്പിലുമുള്ള രണ്ട് വാക്യങ്ങളോടും ചേർത്ത് ചിന്തിച്ച് നമുക്കിതിൽ നിന്ന് ഒരു ചിന്തയിലൂടെ എടുത്ത് നമുക്ക് ഈ ഇതു സംബന്ധിച്ചുള്ള ചിന്തകൾ ഇന്ന് നമുക്ക് പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ആറാമത്തെ വാക്യം കണ്ണുനീർ താഴ്വരയിൽ കൂടെ കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു എന്നതിൻ്റെ പുറകിലുള്ള വാക്യം കണ്ടോ ആ പുറകിലുള്ള വാക്യത്തിൽ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്നാണ് അഞ്ചാമത്തെ വാക്യത്തിൽ അതിൻ്റെ തലേവാക്യത്തിൽ പറയുന്നത് അതിൻ്റെ അതിന് ശേഷം ഈ കണ്ണുനീർ താഴ്വരയ്ക്ക് ശേഷം ഈ ബാഖ താഴ്വരയ്ക്ക് ശേഷമുള്ള ഏഴാമത്തെ വാക്യത്തിലും അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ച് ഈ ആറാം വാക്യത്തിൻ്റെ തലേ വാക്യത്തിലും സിയോനെക്കുറിച്ച് പറയുന്നു അതിൻ്റെ ശേഷമുള്ള പിറ്റേ വാക്യത്തിലും സിയോനെക്കുറിച്ച് പറയുന്നു അഞ്ചാം വാക്യത്തിൽ സി ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് ഏഴാമത്തെ വാക്യത്തിൽ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു കണ്ടോ അതായത് സിയോനിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ ഭാഗമായിട്ട് ആ വഴിത്താരയിൽ കിടക്കുന്ന ഒരു താഴ്വരയാണ് ഈ കണ്ണുനീർ താഴ്വര എന്ന് നമുക്കിതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഓർത്തതുപോലെ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനത്തിൽ അവർക്ക് ദൈവസാന്നിധ്യത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും വലിയ വാഞ്ചയും താൽപ്പര്യവും ഉണ്ട് എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലാനിടയാകും എൻ്റെ ഉള്ള യുഹോയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു വാഞ്ചിക്കുകയും മോഹിക്കുകയും ഒരു വാക്ക് പറഞ്ഞിട്ട് അതേപോലെ തന്നെ വീണ്ടും ഒരു വാക്ക് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു ആ നിലയിലുള്ള ഒരു തീവ്രമായ ആഗ്രഹം ദൈവത്തെക്കുറിച്ച് അവർക്കുണ്ട് അതാണ് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വാഞ്ച അതവരുടെ മനസ്സിലാണ് അത് യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ല എന്നാൽ ഏഴാമത്തെ വാക്യത്തിൽ അത് കുറച്ചുകൂടെ യാഥാർത്ഥ്യമായി തീർന്നതായിട്ടാണ് കാണുന്നത് എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു അപ്പം അഞ്ചാം വാക്യത്തിൽ സിയോനിലേക്ക് മനസ്സിൽ പെരുവഴികളുണ്ട് ഏഴാം വാക്യത്തിൽ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു ഈ രണ്ടു വാക്യങ്ങളുടെ ഇടയിലാണ് ആറാമത്തെ വാക്യം കിടക്കുന്നത് കണ്ണുനീർ താഴ്വരെ അതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് ഞാൻ ഒരു ഒരു ചിന്ത പറഞ്ഞു വരാനായിട്ടാണ് ഇതെല്ലാം വിശദീകരിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവത്തിനായിട്ട് നമുക്കൊരു വാഞ്ചയുണ്ടെങ്കിൽ ആ വാഞ്ചയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരുന്ന ദൈവസന്നിധിയിൽ സിയോനിൽ ചെന്നെത്തുന്ന ആ ഒരു അവസ്ഥയ്ക്കുള്ള ആ പോക്കിനിടയിൽ നമ്മളൊരു ബാഹാ താഴ്വരയിലൂടെ ഒരു കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കേണ്ടതായിട്ടുണ്ട് സിയോനിലേക്കുള്ള വഴി ൂടെയാണ് എന്നതാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചും ആറും ഏഴും വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്കുള്ള വഴി ബാഖായിലൂടെയാണ് കണ്ണുനീരിലൂടെയാണ് നമുക്ക് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊരു സിയോനെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ട് ആ വാഞ്ച നാളെ സിയോനിൽ യഥാർത്ഥത്തിൽ ചെന്നെത്തുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ യാഥാർത്ഥ്യപൂർണ്ണമായി തീരണമെങ്കിൽ അതിന് മധ്യത്തിൽ ഒരു ബാഗത്താഴ്വരയിലൂടെ നമ്മൾ കടന്നു അതുകൊണ്ട് ഇന്ന് ബാഗത്താഴ്വരയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ കടന്നു നമുക്ക് ഉറപ്പാക്കാം നാളെ നമ്മൾ എന്തു ചെയ്യും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും അതാണ് ആറാം വാക്യത്തിൽ നിന്ന് ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ കാണുന്നത് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും ആ ദൈവസന്നിധിയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ബാഘാ താഴ്വരയിലുണ്ട് ദൈവവൈതലെ നീ ഇന്ന് ബാഖാ താഴ്വരയിലൂടെയാണ് കടന്നു നിനക്ക് സന്തോഷിക്കാൻ കഴിയും നീ ദൈവസന്നിധിയിലേക്കുള്ള ആ സിയോനിലേക്കുള്ള വഴിത്താരയിൽ തന്നെയാണ് നീ ഇന്ന് ബാഖാ നാളെ സിയോനിൽ ചെന്നെത്തിച്ചേരും എന്നുള്ള ആ വലിയ ചിന്ത ഈ ആ അഞ്ച് ആറ് ഏഴ് നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ വളരെ വേഗത്തിൽ ഒന്ന് കാണുമ്പോൾ ഇതാ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കിടക്കുമ്പോൾ അവർ തീർക്കുന്നു അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു ഈ കണ്ണുനീർ അത് നമ്മൾ ചിന്തിച്ചു അത് ബോഗിയും താഴ്വരയാണ് അനുതാപത്തിൻ്റെ താഴ്വരയാണ് അത് ബാഹാവൃക്ഷങ്ങളുള്ള താഴ്വരയാണ് ജയത്തിൻ്റെ താഴ്വരയാണ് അത് ബരാഖാത്താഴ്വരയാണ് അനുഗ്രഹത്തിൻ്റെ താഴ്വരയാണ് ഈ കണ്ണുനീർ താഴ്വരയെ യഥാർത്ഥത്തിൽ അതിനെ അനുഗ്രഹമാക്കി തീർക്കുന്ന അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു നമുക്ക് ഈ താഴ്വരയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒടുവിലായി നമ്മൾ ചിന്തിച്ചത് യഥാർത്ഥത്തിൽ സിയോണിലേക്കുള്ള വഴി ബാഹാ താഴ്വരയിലൂടെയാണ് അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ വിഷമിക്കേണ്ട നമ്മൾ യഥാർത്ഥത്തിൽ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും കൂടുതൽ ദൈവ നമ്മളെ കൂടുതൽ ആത്മീകമായ ഒരു ഉണർവിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു പാതയാണിത് എന്ന് കണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ ബാഖാ നമുക്ക് ബരാക്കാത്താഴ്വരയാക്കി അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി സ്തുതി സ്ത്രോത്രങ്ങളുടെ താഴ്വരയാക്കി തീർക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള കണ്ണുനീർത്താഴ്വര നമുക്ക് ധാരാളമുണ്ടെങ്കിലും അതിന് ദൈവം ഭയമില്ലാതെ ദൈവം കൃപ മഴ പോലെ ചൊരിയയാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് പേടിയില്ല എന്ന പാട്ടുകാരൻ പറയുന്ന ഒരു പാട്ട് നമ്മൾ പലപ്പോഴും പാടാറുണ്ടല്ലോ കണ്ണീർത്താഴ്വരയുണ്ട് ിൽ എന്നാലും ഭയമെന്തി അരികിൽ നന്നായി അവൻ കൃപ മഴ പോൽ ചോരീകൾ ഒന്നുള്ള എനിക്കാനന്ദ മുലകിലൻ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മാമ പ്രാർത്ഥിക്കാം കർത്താവ് ദേവേ ഇന്നും ഞങ്ങൾക്ക് ഒന്നിച്ചായിരിപ്പാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ അതിൻ്റെ ജയത്തിൻ്റെയും സ്തുതി സ്ത്രോത്രങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും താഴ്വരയാക്കി മാറ്റും എന്ന് ഞങ്ങളോട് ഉത്ബോധിപ്പിച്ചതിനായിട്ട് സ്തോത്രം അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള സിയോനിലേക്കോ ദൈവസന്നിധിയിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങൾക്ക് ധാരാളം ബാഖാ താഴ്വരകളുണ്ട് ആ താഴ്വരകളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണേ സഭയിലുള്ള എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്താൻ പ്രാർത്ഥിക്കുന്നു ഗൾഫ് നാടുകളിലുള്ളവര് വിദേശങ്ങളിലുള്ളവരെ എല്ലാവരെയും ഓർത്താ പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ചയും ഞങ്ങൾക്കൊന്ന് ചാരിപ്പാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ സഹോന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം വിശേഷാലേ കർത്താവെ ഞങ്ങളുടെ സ്റ്റീഫൻ ബ്രദറിനും തങ്ങമ സിസ്റ്ററിനും അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു ആനിവേഴ്സറിയുടെ ദിവസമായിട്ട് കർത്താവെ ഈ ദിവസത്തെ അവിടുന്ന് ആക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം കണ്ണുനീരിൻ്റെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു വന്നെങ്കിലും ഇന്നും അവർക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തോടെ ആയിരിപ്പാൻ സ്തോത്രം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കായിട്ടും നന്ദി പറയുന്നു ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിച്ചാട്ട് ഇന്നത്തെ ദിവസം തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണേ അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവി അവിടുത്തെ മുഖ അന്വേഷിപ്പാൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഈ നിലയിൽ അനുഭവത്തിലൂടെ കടത്തി ഞങ്ങൾ നന്ദി പറയുന്നു ഇതിൽ നിരാശപ്പെടുന്നില്ല അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു കണ്ണുനീർത്താഴ്വരെ ഞങ്ങൾക്കുണ്ടെങ്കിലും അത് അവിടുന്ന് കൃപ മഴ പോലെ ചൊരിയും എന്ന് ഞങ്ങൾക്ക് ആ നിലയിൽ ഉറപ്പോടെ നിൽപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണേ കർത്താവേ സകലമാനവ മഹത്വം ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ വിലേറിയ നാമത്തിൽ തന്നെ